തദ്ുദ്ധയസ്താത്മാന തന്നിഷ്ടപരാഹം ഗി അപുനരാവൃത്തിധൂതൽമ കൽമഷം എന്ന് വെച്ചാൽ നമ്മളുടെ വ്യക്തിത്വമാണ് ഞാൻ എന്നുള്ള അഭിമാന വ്യക്തിത്വം കാല് കാമം ക്രോധം ലോഭം മാ മതം മാത്സര്യം ഷ എന്നുള്ളതിൽ ഷടുവർഗങ്ങളും അടങ്ങി ഈ ഒരു വാക്കിൽ തന്നെ എല്ലാം ഉണ്ട് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം എല്ലാം കൂടെ ചേർന്നത് ഞാൻ എന്നുള്ള അഭിമാനവൃത്തിയുടെ അവാന്തരഫലങ്ങളാണ് ഈ അഭിമാനവൃത്തി നിശേഷം നിർദ്ധൂതമാവുന്നത് എങ്ങനെയാണ് തദ്ുദ്ധയഹാം തദ്ത്മാനഹ തന്നിഷ്ഠാഹാം തത് പാരായണാഹാം ഇപ്പൊ നമ്മള് സത്സംഗത്തിൽ കേൾക്കണം ചിലപ്പോഴൊക്കെ ഒരു ചെറിയ ഒരു വിദൂര ദർശനം ഉണ്ടാവും കുളത്തില് പായല് നീക്കിയിട്ട് മുങ്ങും നമ്മള് അത് അപ്പോ വെള്ളം കാണും പായൽ നീക്കുമ്പോ വെള്ളം കാണുന്ന പോലെ അല്പമുള്ളിൽ ഒരു തെളിച്ചുണ്ടാവുമ്പോ അധിഷ്ഠാനം കാണും നമ്മളുടെ സ്വരൂപം എന്താണെന്ന് നമ്മൾ അകമയ്ക്ക് ആ നിശ്ചലമായ അധിഷ്ഠാനത്തിനെ ഒരു ക്ഷണനേരത്തിലേക്ക് ദർശിച്ചു പിന്നീടോ തദ്ബുദ്ധയാ എന്ന് വെച്ചാൽ ബുദ്ധി കൊണ്ട് നല്ലവണ്ണം വിചാരം ചെയ്ത് ആ അധിഷ്ഠാനമാണ് നമ്മളുടെ സ്വരൂപം എന്നറിയാം ചില കുളത്തിൽ മുഴുവൻ പായൽ അടച്ചിട്ടുണ്ടാവും കണ്ടാൽ ചിലപ്പോ തോന്നും നല്ല ഗ്രൗണ്ട് പോയിട്ടൊരു ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ കളിക്കാൻ തോന്നും അപ്പോ അറിവുള്ളവർ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് ഗ്രൗണ്ടല്ല തിരി നീക്കി നോക്കിയാൽ വെള്ളം കാണും ഉള്ളില് വെള്ളമാണ് പിന്നെയും വെള്ളത്തിനെ പായൽ മറച്ചാലും ഉള്ളില് വെള്ളമുണ്ട് എന്നുള്ള അറിവുണ്ട് അല്ലേ അതുപോലെ അകമയ്ക്ക് പിന്നെയും അജ്ഞാനം മറച്ചാലും വിചാരം കൊണ്ട് അറിയാണ് ഈ പുറകിൽ നിശ്ചലമായ സച്ചിദാനന്ദം ശാന്തി നമ്മളുടെ സ്വരൂപമുണ്ട് എന്ന് ബുദ്ധി കൊണ്ട് ഇപ്പൊ കേൾക്കണ പോലെ കേട്ട് വിചാരം ചെയ്ത് ഉറപ്പിക്കണതാണ് തദ്ബുദ്ധയാ പിന്നെ ഏകാന്തത്തിലിരുന്ന് മനനം മനനം ചെയ്യുമ്പോ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ഒരിക്കലും മാറാതെ ഇരിക്കുന്ന ഞാൻ എന്ന അനുഭവം എനിക്കുണ്ടല്ലോ ആ അനുഭവമാണ് എന്റെ സ്വരൂപം ശരീരം ജനിക്കുകയും വളരുകയും പരിണമിക്കുകയും ക്ഷയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മനസ്സിൽ ചിത്തവൃത്തികൾ നിരന്തരം വരുന്നുണ്ട് ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നുള്ള അവസ്ഥകളൊക്കെ മാറി മാറി വരുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ പുറകില് അഹം ഞാൻ എന്നുള്ള അനുഭവം ഒരു മാറ്റവും കൂടാതെ അതിന് പുറകിൽ നമ്മളുടെ എക്സിസ്റ്റൻസ് എസെൻസ് ഒരു മാറ്റവും കൂടാതെ ഇരിക്കുന്നു അതാണ് നമ്മളുടെ സ്വരൂപം എന്ന് അറിയുകയും അറിയുക മാത്രമല്ല അതിൽ ഞാൻ എന്ന പ്രത്യേക വ്യക്തിത്വം ഉദിക്കുമ്പോ ആ ഉദിക്കുന്നതിനെ ശ്രദ്ധിക്കുകയും ശ്രദ്ധ കൊണ്ട് തന്നെ അത് ഉദിക്കുന്ന സ്ഥലത്തിൽ അയക്കുമ്പോ ഉണ്ടാവുന്ന നിശ്ചലമായ ആ അതാണ് ഞാൻ തത്രാത്മത്വം ദൃഢീകുറുവൻ അഹമാദിഷു സന്യജന് ഉദാസീനതയാ തേശുധിഷ്ഠേത് ഘടപണാധിപത് എന്ന് വിവേക ചൂടാമണിയിലെ തത്രാത്മത്വം ദൃഢീകുറുവൻ ആ കാണുന്ന ആ നിശ്ചലമായ സ്പേസ് ആ അധിഷ്ഠാനം അതാണ് എന്റെ യഥാർത്ഥ ആത്മസ്വരൂപം എന്റെ സ്വരൂപം എന്ന് ഐഡന്റിഫൈയിങ് വിത്ത് ദാറ്റ് സ്പേസ് പിന്നെ അഹങ്കാരം മനസ്സിലെ ശരീരമൊക്കെ പൊന്തിയാലും സന്ധ്യജൻ ഇതൊക്കെ തന്നെ ഞാൻ കാണുന്ന വസ്തുക്കളാണ് ഒരു കുടമോ ഒരു തുണിയോ ഒരു മരമോ ഒരു കല്ലോ എന്തെങ്കിലുമൊക്കെ കാണുന്ന പോലെ എന്റെ ഉള്ളിലെ അഭിമാനത്തിനെയും ശരീരത്തിനെയും മനസ്സിനെയൊക്കെ ഞാൻ കാണുന്ന വസ്തുക്കളാണ് അതുകൊണ്ട് കാണുന്ന വസ്തുക്കളൊന്നും കാണുന്നവനായി ഞാനല്ല എന്ന അഹമാതിഷു സന്യജന് ഉദാസീനതയാ തേശുതിഷ്ഠേത് ഈ അഭിമാനത്തിലും ശരീരത്തിലും മനസ്സിലുമൊക്കെ ഉദാസീന ഭാവം കൊണ്ട് അതൊക്കെ ഇരിക്കട്ടെ അതൊക്കെ പ്രകൃതിയിലാണ് എന്നിലില്ല എന്നറിഞ്ഞു ഉദാസീനം ഇൻഡിഫറന്റ് ആയിട്ട് ഇരിക്കലാണ് തഥാത്മാനഹ എന്ന് പറഞ്ഞത് ക്രമേണ ക്രമേണ നമ്മൾക്ക് വ്യവഹാര ദശയിലും അതിനെ മറക്കാത്ത നിത്യനിരന്തരമായ ആ അസ്തിത്വത്തിൻ്റെ നിശ്ചലമായ നമ്മളുടെ അധിഷ്ഠാനത്തിൻ്റെ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിലുള്ള ശാന്തിയുടെ മൗനത്തിൻ്റെ അനുഭവം പെരുകി വരും അതാണ് തന്നിഷ്ഠാഹ ഇതിനൊക്കെ പുറകില് തത്പരായണാഹ എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇനി അത് തന്നെ വഴിയുള്ളൂ അതാണ് എനിക്ക് ലക്ഷ്യം അതാണ് തത്പരായണത്വം വ്യവഹാരത്തിൽ വ്യവഹാരം ലക്ഷ്യമല്ല എന്നുവെച്ചാൽ വ്യവഹരിക്കണില്ല എന്നില്ല സന്യാസിയാണെങ്കിലും ഭിക്ഷെടുക്കാൻ വ്യവഹരിക്കണമല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ അപ്പൊ വ്യവഹരിക്കണില്ല എന്നില്ല വ്യവഹരിക്കുന്നുണ്ട് പക്ഷെ വ്യവഹാരം ലക്ഷ്യമല്ല വ്യവഹാരം ലക്ഷ്യമായാൽ ആത്മാനുഭവത്തിൽ ഇരിക്കാൻ പറ്റില്ല അധ്യാത്മസംഘടനകളൊക്കെ തുടങ്ങുമ്പോൾ വരണ കുഴപ്പത്താണ് ആധ്യാത്മികമായി ജ്ഞാനികളും സന്യാസികളും തത്വമറിഞ്ഞവരും പ്രവർത്തിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ അധ്യാത്മികമായി പ്രവർത്തിക്കണമെന്നും അത് തൻ്റെ വ്യവഹാരമാണെന്നും അത് ചെയ്യാനായി താൻ സംഘടനയുണ്ടാക്കിയിരിക്കുകയാണെന്നും ആ സംഘടനയെ വെച്ചു പുലർത്തണമെന്നും അതിന് ധനത്തിൻ്റെ ആവശ്യമുണ്ടെന്നും അതിന് ഗവൺമെൻറിൽ നിന്ന് സമ്മതി വേണമെന്നും പൊതുജനങ്ങളുടെ അംഗീകാരം വേണമെന്നും എന്നുള്ള വ്യവഹാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അഭിമാനത്തിനെ ഉദിപ്പിക്കാതെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല ഇത് നമുക്ക് വ്യവഹരിച്ച് നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും വ്യവഹാര പ്രാധാന്യമുണ്ടെങ്കിൽ ഈ സ്ഥിതിയിലിരിക്കാൻ പറ്റില്ല വ്യവഹരിക്കുന്നത് കൊണ്ട് ഈ സ്ഥിതിക്ക് തടസ്സം വരില്ല വ്യവഹാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഈ സ്ഥിതിയിലിരിക്കാൻ പറ്റില്ല യു മേ ഹാവ് ദ നോളജ് ഓഫ് ദി സ്റ്റേറ്റ് ബട്ട് ദി സ്റ്റേറ്റ് വിൽ നോട്ട് സ്റ്റേ വിത്ത് യു ഒരു ചെറിയൊരു ഗ്ലിംസ് അതിലൂടെ കടന്നു പോയാൽ തന്നെ അതിന്റെ അറിവ് നമുക്ക് കിട്ടും പിന്നെ പുസ്തകമൊക്കെ നോക്കിയാൽ മനസ്സിലാവും പറയാൻ പറ്റും അതിന്റെ ഇൻസൈറ്റ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ അതിൽ നിൽക്കാൻ പറ്റില്ല എന്ത് കാരണം നമുക്ക് വ്യവഹാരം മുഖ്യമാണ് വ്യവഹാരം മുഖ്യമാണെങ്കിലോ എനിക്ക് ഞാനെന്നുള്ള അഭിമാനമില്ലാതെ വ്യവഹരി വ്യവഹാര മുഖ്യത്വത്തിനെ നിർത്താൻ പറ്റില്ല എനിക്ക് സൊസൈറ്റി പ്രധാനമാണ് വ്യവഹാരം പ്രധാനമാണ് ഇതൊക്കെ പ്രധാനമാവുമ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി എനിക്ക് പ്രധാനമായിട്ട് തീരും അപ്പൊ എന്താവും എൻ്റെ പേഴ്സണാലിറ്റി കള്ളമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അവ എൻ്റെ ചിലതൊക്കെ അംഗീകരിക്കുകയും ചില രീതിയിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ അഭിമാന അഹങ്കാരങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ പറ്റാതെ വരികയുമൊക്കെ ചെയ്യും അഭിമാനദ്വേഷം ഈ അനു ഈ സ്ഥിതി ഈ സ്ഥിതിക്കും അനു അഭിമാനത്തിനും ചേർന്ന് പോയില്ല ഈ സ്ഥിതിക്കാണ് ഭക്തി എന്ന പേര് നാരദൻ ഭക്തിസൂത്രത്തിൽ അതാണ് പറയണത് ഈശ്വരസ്യാപി അഭിമാനദ്വേഷിത്വാത് ദൈന്യപ്രിയത്വാച് എന്ന് നാരദഭക്തിസൂത്രം അതായത് ഈശ്വരൻ അഭിമാനദ്വേഷിയാണ് എന്നാണ് എന്നുവെച്ചാൽ അഭിമാനം ഉദിക്കുമ്പോൾ അനുഭവം പോയി പോവും അപ്പൊ തദ്ബുദ്ധയ തദ്ത്മാന തന്നിഷ്ഠാഹ തത്പരായണ ഇങ്ങനെ നിത്യനിരന്തരം ആ സ്റ്റേറ്റില് ആ സ്ഥിതിയില് രമിച്ചുകൊണ്ടും ആത്മരതിരേവ സാദ് ആത്മതൃപ്തശ്ശമാനവ ആത്മന്യേവ ച സന്തുഷ്ട തസ് കാര്യം ന വിദ്യത്തെ അയാൾക്ക് ലോകത്തിൽ ചെയ്യാൻ ഒരു കർമ്മവുമില്ല ഒന്നും ചെയ്തിട്ടൊന്നും കിട്ടാനുമില്ല ചെയ്യാത്തതുകൊണ്ട് നഷ്ടപ്പെടാനുമില്ല എന്നാൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു അതാണ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം പക്ഷേ പ്രവൃത്തിക്ക് ഒരു ലക്ഷ്യമോ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാനോ പ്രവൃത്തിയിൽ ഒരു അഭിമാനം കൊണ്ട് സുഖിക്കാനോ ഒന്നുമില്ല വാസ്തവത്തിൽ ഇതുകൊണ്ട് നമുക്ക് സമ്പൂർണ്ണമായ സാമ്രാജ്യലാഭമാണ് ശാന്തിയാണ് ആനന്ദമാണ് എന്നാലും അഭിമാനം മുഖ്യമായിട്ടുള്ള സമൂഹജീവികൾക്ക് ഇതിന് പേടിയും തോന്നും അസ്പർശയോഗോ വൈനാമ സർവസത്വസുഖാവഹ യോഗിനോപി വിഭ്യതേഹി അസ്വിൻ അഭയേ ഭയദർശിനാണ് ഭയപ്പെടാൻ പാടില്ലാത്തതായി ഇതിനെ യോഗികളായ ചില ആളുകൾ പോലെ അയ്യോ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പോയിപ്പോകും എന്റെ എല്ലാം പോയിപ്പോകും നമുക്ക് പേടി തോന്നും അത്രേ ചക്രവർത്തി പദം തരുന്നതാണ് വളരെ സിമ്പിളാണ് എന്നാലും നമ്മളുടെ മനസ്സ് നമ്മളുടെ ഉള്ളിലുള്ള അഭിമാനം എത്രയോ ജന്മങ്ങളായി വെച്ച് പുലർത്തിയിരിക്കുന്ന ഈ വ്യക്തി അഹങ്കാരം നമ്മളെ അതിന് തടസ്സമായി നിൽക്കുന്നു അതിനെ നീക്കാനാണ് ജ്ഞാനത്തിനെ സ്വീകരിക്കുക വിചാരം ചെയ്യുക ഞാൻ ആരാണെന്ന് വിചാരം ചെയ്യുക എന്റെ സ്വരൂപം എന്താണെന്ന് വിചാരം ചെയ്തു നോക്കുക ഞാൻ ഞാൻ ഞാൻ എന്ന് നിരന്തരം ഉള്ളില് ഒരു ഒരു റെപറ്റേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എല്ലാ വ്യവഹാരവും ഈ എന്റെ എനിക്കാണ് നടക്കുന്നത് എന്റെ ലൗകിക ജീവിതം എന്റെ ആധ്യാത്മിക ജീവിതം എന്റെ കുടുംബ ജീവിതം എന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ കേന്ദ്രസ്ഥാനത്തിലുണ്ടാവുന്ന ആ സ്പന്ദനം എൻ്റെ ഞാൻ എനിക്ക് വേണ്ടി ആ സ്പന്ദനത്തിനെ ശ്രദ്ധിക്കുന്നതോറും നമ്മൾ കാണാം ആ സ്പന്ദനത്തിൻ്റെ ഉറവിടമായ സ്ഥലത്ത് തികച്ചും അസ്പന്ദവിടെ അവിടെ ഒരു സ്പന്ദനവുമില്ല അവിടെ നിശ്ചലമാണ് ആ നിശ്ചലമാണ് നമ്മളുടെ സ്വരൂപം അതിന്റെ മേലെ ഈ സ്പന്ദനം വെറും ഒരു സ്ക്രീനിൽ സിനിമ പോലെ ഇല്ലാത്തതൊന്ന് തോന്നണതാണ് അത് ഇല്ലാത്തതാണെന്നും ആ നിശ്ചലമായ അധിഷ്ഠാനമാണ് നമ്മളുടെ സത്യമായ സ്വരൂപമെന്നും അറിഞ്ഞു കഴിയുമ്പോ തൻ നിഷ്ഠനായിട്ട് തീരും അതിൽ താനിരിക്കും താൻ അതാവുമ്പോഴാണ് അതിന്റെ ആനന്ദം അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണത അപ്പോഴാണ് അഭയം അപ്പോഴാണ് അമൃതത്വം ആ സ്ഥിതിയിലിരിക്കുന്നവന് പിന്നെ വ്യവഹാരം മുഖ്യമല്ലാതാവുമ്പോൾ സമദർശിത്വം എന്ന് സമദർശിത്വം എന്ന് വെച്ചാൽ ഒന്നും അയാളിൽ വിഷമദർശിത്വം ഉണ്ടാക്കില്ല അല്ലാതെ വ്യവഹരിക്കുമ്പോ എല്ലാത്തിനോടും സമമായി വ്യവഹരിക്കും എന്നല്ല അർത്ഥം വിഷമദർശിത്വം അയാളിൽ ഇല്ലാതായിട്ട് തീരും അതായത് ഒന്നുകൊണ്ടും അയാളുടെ ഉള്ളിലുള്ള ഈ സമത്വം ശാന്തി ഭഞ്ചിക്കപ്പെടില്ല എന്നർത്ഥം എങ്ങനെയുള്ള ആളെ കണ്ടാലും അല്ലെങ്കിൽ നമുക്ക് അഭിമാനവൃത്തി ഉള്ളത്തോളം കാലം ഒരാളോട് പ്രത്യേകതയും ഒരാളോട് ഭയവും ഒരാളോട് ആദരവും ഒരാളോട് ദ്വേഷവും ഒരാളോട് സ്നേഹവും ഒരാളോട് വെറുപ്പും ഒക്കെ ഉണ്ടാവും ഒരു വലിയ മഹാപുരുഷൻ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആ രാജ്യത്തിൽത്തെ രാജാവോ മന്ത്രിയോ വലിയ വലിയ ഒഫീഷ്യൽസൊക്കെ ആ പ്രസംഗം കേൾക്കാനായിട്ട് വന്നിരുന്നു അദ്ദേഹം കുറച്ചും പ്രസംഗം കുറച്ചു നേരത്തേക്ക് ഒന്ന് നിർത്തുകയും പിന്നെ തുടരുകയും ചെയ്തു ആ പ്രസംഗം കഴിഞ്ഞിട്ട് ആ സ്വാമി പറഞ്ഞു ഇന്നത്തോടെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ് ഇനി ഞാൻ കുറച്ചു കാലം ഏകാന്തമായി സത്സംഗത്തിനായി മറ്റു പല മഹാത്മാക്കളെ അന്വേഷിച്ച് ഞാൻ പുറപ്പെടുകയാണെന്നും അങ്ങെന്തിനപ്പോ മറ്റൊരു സ്ഥലത്തേക്ക് ഇനി അന്വേഷിച്ചു പോണത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനിയും പൂർണ്ണനായിട്ടില്ല കാരണം ഈ രാജാവോ മന്ത്രിയോ ഈ സ്പെഷ്യൽ ഓഫീഷ്യൽസൊക്കെ വന്നപ്പോ ഞാൻ പ്രത്യേകത കാണിച്ചിട്ടില്ലെങ്കിൽ കൂടെ എന്റെ ഉള്ളിലൊരു ചെറിയൊരു മിടുപ്പും എന്റെ കൈയിത്തിരിയൊക്കെ വേർക്കാനൊക്കെ തുടങ്ങി അപ്പോ എനിക്കിനിയും ഉള്ളില് ചിലരെ സ്പെഷ്യലാണെന്നുള്ള ഭാവമുണ്ട് ഒരു പരിഭ്രമമുണ്ട് അപ്പോ ഇനിയും ഞാൻ സമത്തിലിരുന്നിട്ടില്ല യോഗസ്ഥിതിയിലിരുന്നിട്ടില്ല അപ്പോ യോഗസ്ഥിതിയിലിരിക്കുന്ന ആൾക്ക് എന്താണ് അയാളുടെ ദർശനം അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത് വിദ്യനയേ ബ്രാഹ്മണേ ഗഹസ്തി ശുനി विद्या विनय संपन्ने ബ്രാഹ്മണേ ഗ ഹസ്തിനി ശുനി ചൈവേ ച പണ്ഡിതർശിന് ഉത്തമസംസ്കാരവതി ബ്രാഹ്മണേ സാത് മധ്യമായാജയാം ഗവി സംസ്കാരീനം അത്യന്തമേവലസേ ഹസ്യാദ സാദിഗുണൈ തജ്ജൈശ സംസ്കാരൈ താ രാജസൈ താ താമസിച്ച സംസ്കാര അത്യന്തമേവ അസംസ്പൃഷ്ടം സമം ഏകം അവിക്രിയം തദ്ും ശീലം തേ പണ്ഡിതർശിന വിദ്യാഹ്മണേ ഗവി ഹസ്തിനി ശുനിജൈവാഗേ ച നല്ല വിദ്യസമ്പന്നനായ സംസ്കാരമുള്ള ഒരു ബ്രാഹ്മണനിലും ബ്രാഹ്മണൻ എന്ന് വെറുതെ പേര് പറഞ്ഞില്ല നല്ല സംസ്കാരമുള്ളവനും വിദ്യ ആർജിച്ചിട്ടുള്ളവനും വിനയസമ്പന്നനും എല്ലാ ശീലമുമുള്ള ഒരു ബ്രാഹ്മണൻ എന്ന് പറയാവുന്ന ഒരു ബ്രാഹ്മണനിലും ഒരു പശുവിലും ഒരു ആനയിലും ഹസ്തിനി ശുനി ഒരു നായിലും നായിടമാംസം ഭക്ഷിക്കുന്ന ചണ്ടാളനും ശബാകെ പണ്ഡിതാഹ സമദർശിന പാണ്ഡിത്യം പറഞ്ഞാൽ ഇവിടെ ആത്മദർശനം എന്നാണ് അർത്ഥം അല്ലാതെ പുസ്തക പാണ്ഡിത്യമല്ല പണ്ട ആത്മവിഷയാ ബുദ്ധിഹി യേഷാം തേഹി പണ്ഡിതാ ആത്മാ ആത്മജ്ഞാനമാർക്കുണ്ടോ അവരെയാണ് പണ്ഡിതന്മാര് എന്നൊക്കെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞു ആ വാക്കുകൾ പിന്നീട് മറ്റു പലർക്കും ഉപയോഗിച്ചു ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് അത് ചുവട്ടിലേക്ക് വീണു പോകുന്നത് ആളുകൾ എല്ലാ വാക്കുകളെയും എല്ലായിടത്തും എടുത്ത് ഉപയോഗിക്കും അങ്ങനെയാണ് ചില വാക്കുകളൊക്കെ കുറെ കാലം കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് അതിൻ്റെ ഒരു സുഗന്ധം നഷ്ടപ്പെട്ടു പോകണത് ഇപ്പൊ നമുക്ക് പണ്ഡിതൻ പറഞ്ഞാൽ ഉടനെ കുറച്ച് പുസ്തകമൊക്കെ തൂക്കി നടക്കുന്ന ആളെയാണ് ഓർമ്മ വരിക പക്ഷെ ഗീത ആദ്യം പ്രയോഗിക്കുമ്പോ ഈ വാക്കിന് അർത്ഥമല്ല ഭക്തി ഈ വാക്കുകളൊക്കെ അങ്ങനെയാണ് കുറെ കാലം കഴിയുമ്പോ ആളുകൾ അവരുടെ ഭാവനയെ ആ വാക്കുകളിൽ ഇട്ടിട്ട് നശിപ്പിക്കുകയാണ് ന്യൂസ് പേപ്പറിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനത്തെ ചില ഇതിന് പതഞ്ജലി പറയണു എന്താ വികൽപ്പം എന്ന് ഒരു വാക്ക് പ്രയോഗിച്ച് വേറെ അർത്ഥത്തിൽ ഒരു വാക്ക് പ്രയോഗിക്കാം അങ്ങനെ കുറെ കഴിയുമ്പോ നല്ല വാക്കുകളൊക്കെ കെടുവെന്ന് പോവും ന്യൂസ് പേപ്പർ റൈറ്റേഴ്സിനെയൊക്കെ കാണാം ഏതെങ്കിലും ഒരു ആള് ദുഷിച്ചു പോയാൽ അയാളുടെ പേരിൽ നല്ല ഒരു പേരിനെ വെച്ചിട്ട് അയാളെ നശിപ്പിക്കുക ആ നല്ല പേരിന്റെ സുഗന്ധം ഇല്ലാതാക്കി തീർക്കും അതേപോലെയാണ് ഈ പണ്ഡിതൻ എന്നുള്ള വാക്ക് സ്കോളർ ശാസ്ത്രം പുസ്തകമായി പഠിച്ചിട്ടുള്ള ആള് എന്ന് മാത്രമുള്ള അർത്ഥമല്ല ആത്മജ്ഞാനമാണ് പാണ്ഡിത്യമെന്നും ഭഗവാനും പറയുന്നു ഉപനിഷത്തും പറയുന്നു എല്ലാം പറയുന്നു ആ പണ്ഡിതന്റെ ലക്ഷണമാണ് ഭഗവാൻ ഇവിടെ പറയണത് വിദ്യാവിനെ സമ്പന്നനായ ബ്രാഹ്മണനെ കാണുമ്പോഴും നായിനെ കാണുമ്പോഴും എല്ലാവരിലും സമം അവിക്രിയം ബ്രഹ്മ ദ്രഷ്ടും ശീലം ഏഷാം സമമായ ഒരു വിക്രിയ വികാരവുമില്ലാത്തതായ സത്തയെ അയാൾ കണ്ടുകൊണ്ടിരിക്കും അതിനർത്ഥം ഇങ്ങനെ നോക്കിയിട്ട് കാണുന്നു എന്നല്ല അർത്ഥം താൻ അതിലാണ് ഇരിക്കുന്നത് തൻ്റെ ഇരുപ്പിന് വിദ്യാവിനയസമ്പന്നനായ ഒരു ബ്രാഹ്മണൻ വന്നാലോ പശു വന്നാലോ ആന വന്നാലോ ചണ്ടാളൻ വന്നാലോ ആ ഇരുപ്പിലൊരു വികൽപ്പം ഉണ്ടാവില്ല എന്നർത്ഥം ദ്രഷ്ടും എന്ന് വാക്ക് പറയുമ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ടാവണത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണത് ഇയാൾ അതിൽ എന്തോ ഒരു വസ്തുവിനെ കാണുന്നു എന്നാണ് ഈ ഇസ്കോണിന്റെ പുസ്തകമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണന്റെ ഉൾ ഹൃദയത്തിലൊരു വിഷ്ണുവിന്റെ ചിത്രം നായിയുടെ ഹൃദയത്തിലൊരു വിഷ്ണുവിന്റെ ചിത്രം ചണ്ടാളന്റെ ഹൃദയത്തിലൊരു വിഷ്ണുവിന്റെ ചിത്രമൊക്കെ വരച്ചു ഇതൊക്കെ ഇമാജിനേഷനെ കൊള്ളാം പക്ഷെ പ്രായോഗികമായി വരുമ്പോ അന്ന് നടക്കില്ല അങ്ങനെയൊന്നുമല്ല അങ്ങനെ വസ്തുക്കളിൽ ഭഗവാനെ കാണൽ എന്ന് പറയുമ്പോ എന്താ വസ്തുക്കൾ മുമ്പിൽ വരുന്നതുകൊണ്ട് അകമേയുള്ള ഭഗവത് ദർശനം ഭഞ്ജിക്കപ്പെടാതിരിക്കൽ എന്നാണ് അർത്ഥം അല്ലാതെ വസ്തുക്കളിൽ ഒബ്ജക്റ്റീവായ ഒരു രൂപത്തിനെ കാണലല്ല അയാളൊന്നും കാണുന്നില്ല കാണുക കാഴ്ച എന്നുള്ള ത്രിപുടിയൊന്നും അയാളിലില്ല ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുകീലെന്ന ഉപനിഷതുക്തിരഹസ്യമോർത്തിടയണം ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം എന്ന് വെച്ചാൽ ഞാനെന്നും പ്രപഞ്ചമെന്നും കാണുക ഈ ത്രിപുടി ഇല്ലാതെ കേവല സത്താമാത്രമായ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ സ്ഥിതിയാണ് അത് എന്റെ വ്യക്തിത്വത്തിനെ വെച്ച് പുലർത്തണമെന്ന ആഗ്രഹമുള്ളതും അഭിമാനത്തിന് വിടാൻ സമ്മതമല്ലാത്തതുമായ ആൾക്ക് സാധ്യമല്ല അയാളാണ് കപടൻ അയാൾക്ക് കാപ്പട്യം എന്താണ് കൈതവം എന്താണ് തന്റെ വ്യക്തിത്വത്തിലുള്ള പ്രബലമായ പറ്റ് അപ്പോ ബ്രാഹ്മണനെ കണ്ടാലും ആ ബ്രാഹ്മണനിലും അയാൾ ഭഗവാനെ കാണുന്നു വെച്ചാലോ ബ്രാഹ്മണന്റെ ഉള്ളിലും അന്തര്യാമിയായിരിക്കുന്ന സത്ത തന്നെയാണ് തന്നിലിരിക്കുന്നത് ആ ബ്രാഹ്മണനെ കാണുന്നത് അയാൾക്ക് പരിഭ്രമമൊന്നുമില്ല സമദർശിത്വമാണ് രമണ ഭഗവാന്റെ മുമ്പില് വലിയ വലിയ ആളുകളൊക്കെ വന്നു ചെറിയ ചെറിയ ആളുകളൊക്കെ വന്നു പശു വന്നു കൊരങ്ങൻ വന്നു മയിൽ വന്നു എല്ലാം വരുമ്പോഴും താൻ തന്റെ സ്ഥിതിയിൽ തന്നിൽ തന്നെയാണ് വിദ്യാവനയ സമ്പന്നരായ എത്രയോ ബ്രാഹ്മണർ ഭഗവാന്റെ മുമ്പിലുണ്ടായിരുന്നു അവിടെയും ചലനമെല്ലാം ജ്ഞാനികൾ ഭഗവാനെ കാണാൻ വന്നു ബ്രഹ്മനിഷ്ഠന്മാരായിട്ടുള്ള എത്രയോ പേര് പുറി ശങ്കരാചാര്യർ കാണാൻ വന്നു അപ്പോഴും താൻ അതേ ഇരുപ്പ് തന്നെയാണ് നാരായണ ഗുരു കാണാൻ വന്നു അപ്പോഴും താൻ അതേ സ്ഥിതി തന്നെയാണ് എത്രയോ സ്വാമി രാമദാസ് കണ്ടു പലരും കണ്ടു ആ കണ്ടവരൊക്കെ മുമ്പിൽ പോയാലും തനിക്ക് അവരിലൊരു പ്രത്യേകതയില്ല സനത്കുമാര മഹർഷിയെക്കുറിച്ച് പറയും സനത്കുമാരനെ ഒരു ദിവസം പാർവതി പരമേശ്വരന്മാർ കാണാൻ പാർവതി പരമേശ്വരന്മാര് മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും സനത്കുമാറിന് ഒരു ചലനവുമില്ല പാർവതീദേവി ആശ്ചര്യപ്പെട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു ബ്രഹ്മനിഷ്ഠയവെന്നാണ് കാരണം സാധാരണ മനുഷ്യൻ വന്ന് പരിപ്രമിച്ചിട്ടില്ലെങ്കിൽ പോട്ടെ പാർവതി പരമേശ്വരന്മാർ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും ഒരു ചലനമില്ല അപ്പൊ പരമേശ്വരൻ പാർവതിയോട് ചോദിക്കുകയാണ് പരമാത്മ വസ്തുവിൽ ശിവനെന്നോ വിഷ്ണുവെന്നോ ബ്രഹ്മാവെന്നോ വലിയ ബ്രഹ്മമെന്നോ ചെറിയ ബ്രഹ്മമെന്നോ ഉണ്ടോ വസ്തു ഒന്നേ ഉള്ളൂ അതിൽ ഒരു മാറ്റവുമില്ല ഒരു വിക്രിയുമില്ല അതിൽ പ്രതിഷ്ഠിതനായ ആള് എത്ര വലിയ ആൾ പരിഭ്രമിക്കില്ല വിദ്യാവനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി പശുവിനെ കണ്ടാലും ശരി ഹസ്തിന്യാനയെ കണ്ടാലും ശരി ശുനിജൈവ ശ്വഭാകേച്ച് മഹർഷിയുടെ മുമ്പിൽ ആ പശു ലക്ഷ്മി വരും വരുമ്പോഴും ആ ലക്ഷ്മിയോടും എല്ലാവരോടുള്ള പോലെ തന്നെ നായ്ക്കളൊക്കെ വരും ആ നായ്ക്കൾ വരുമ്പോഴും അവർക്കും മനുഷ്യനുമൊക്കെ ഒരേ പോലെ തന്നെ ട്രീറ്റ്മെന്റും എത്ര താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ സംസ്കാരഹീനരായിട്ടുള്ള ആളുകൾ വന്നാലും ശരി അവരിലും അതേ തന്നെയാണ് ഇത് വ്യവഹാര പ്രാധാന്യമുണ്ടെങ്കിൽ ഈ സമദർശിത്വം സാധ്യമല്ല നമ്മൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് എന്താ നമുക്ക് വ്യവഹാര പ്രാധാന്യം ഉള്ളതുകൊണ്ട് സമദർശിത്വം നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ വ്യവഹാര ജീവിതം താറുമാറാവും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് വ്യവഹാര പ്രാധാന്യം ഉണ്ടെങ്കിൽ സമദർശിത്വം സാധ്യമല്ല സമദർശിത്വം കൊണ്ടുവന്നാൽ വ്യവഹാരം താറുമാറാവും സമദർശിത്വം കൊണ്ടുവരാൻ ശ്രമിച്ച മഹാത്മാക്കളെയൊക്കെ സമൂഹം പുറന്തള്ളുകയും അവരുള്ള കാലത്ത് ഉപദ്രവിക്കുകയും അവര് പോയ ശേഷം ഫോട്ടോ വെച്ച് പൂജിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഏകനാഥനാവട്ടെ രമണഭഗവാന്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു ഭഗവാന്റെ ഭക്തന്മാരിൽ ഒരാളാണ് രമണഗീതയില് അദ്ദേഹം ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് കാവ്യകണ്ഠ ഗണപതി മുനിയുടെ ഒരു ശിഷ്യനാണ് അദ്ദേഹത്തിന് ഗജാനനൻ എന്നാണ് പേര് ഗോകർണത്തിലെ ബ്രാഹ്മണനാണ് അദ്ദേഹത്തിന് കാവ്യകണ്ഠ ഗണപതി മുനി കൊടുത്ത പേര് ദൈവരാധൻ എന്നാണ് പേര് ഈ ദൈവരാധന് പതിനെട്ട് വയസ്സിൽ രേണുകാമ്പ കോവിലിൽ കാവ്യകണ്ഠ ഗണപതി കൂടെ തപസ് ചെയ്തുകൊണ്ട് കുറച്ചു കാലം വസിക്കുമ്പോൾ അദ്ദേഹത്തിന് അന്ന് സംസ്കൃതം പോലും ശരിക്കും അറിയില്ല ഒരു ദിവസം ഉച്ചയ്ക്ക് മുതൽ ചില വേദമന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി താൻ പഠിക്കാത്തതായിട്ടുള്ള വേദമന്ത്രങ്ങൾ കാവ്യകുണ്ഠ ഗണപതി മുനി അതൊക്കെ എഴുതിയെടുത്തു എഴുതിയെടുത്ത് അതിന് ഭാഷ്യം രചിച്ചു നഷ്ടപ്പെട്ടുപോയ ഋഗ്വേദ മന്ത്രത്തിലെ ശാഖകളാണിതൊക്കെ എന്ന് കാവ്യകുണ്ഠനെ ഐഡന്റിഫൈ ചെയ്തു ഇപ്പൊ അതൊന്നും ആ മന്ത്രങ്ങളില്ല അത്തരം മന്ത്രങ്ങളാണ് ദർശനം വീണ്ടും ദർശനമുണ്ടായി അതിന് ഛന്ദോ ദർശനം ദൈവരാത ശാഖ എന്ന പേരിൽ ഭാരതീയ വിദ്യാഭവൻ പബ്ലിഷ് ചെയ്തി കുറേ മന്ത്രങ്ങൾ ഛന്തോദർശനം ദൈവരാഥ ശാഖ എന്ന പേരിൽ അത് കാവ്യകണ്ഠന്റെ ഭാഷ്യത്തോടുകൂടെ തന്നെ ആ ദൈവരാധൻ മഹർഷി ദൈവരാഥൻ എന്ന് തന്നെ അദ്ദേഹത്തിന് നാമവും കൊടുത്തു ദൈവരാധൻ നേപ്പാൾ മഹാരാജാവിന് കുറച്ചു കാലം ഗുരുവൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പരമ്പരയൊക്കെ ഇപ്പോഴുണ്ട് ഗോകരണത്തിൽ അദ്ദേഹം വന്ന് ബ്രാഹ്മണ അഗ്രഹാരത്തിൽ താമസിക്കുകയും ഈയിടെ ഞാൻ അതിന്റെ ചില കഥകളൊക്കെ ഇങ്ങനെ കേട്ടു വൈദിക ഋഷികളെ പോലെ ഒരു ഋഷി ആണെങ്കിലും തപോനിഷ്ഠനാണെങ്കിലും ആരെ കണ്ടാലും വിളിച്ച് ഭക്ഷണം കൊടുക്കുകയും എല്ലാവരോടും സമമായി പെരുമാറുകയും ഒക്കെ ചെയ്തതുകൊണ്ട് വ്യവഹാരത്തിൽ ബുദ്ധിമുട്ട് വരികയും സമൂഹത്തിലുള്ളവർ അദ്ദേഹത്തിന് പല വിധത്തിലും പുറന്തള്ളുകയും നിന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കാലത്ത് ഇപ്പോ എല്ലാരും ആ ഫോട്ടോ ഒക്കെ വെച്ച് ആരാധിക്കേണ്ടതെന്ന് ഒക്കെ പറയണം പക്ഷെ അന്ന് അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് ഒരു ഋഷിവര്യനാണെന്നൊക്കെ അറിയാനൊന്നും എല്ലാവർക്കും ഒന്നും സാധിച്ചില്ല എന്നാണ് എന്താ വ്യവഹാരത്തിൽ വരുമ്പോ സമൂഹത്തിന് ചില നിയമങ്ങളുണ്ട് മഹാത്മാക്കളാണെങ്കിലും ജീവൻ ജ്ഞാനികളാണെങ്കിലും നമ്മൾ കാണിക്കുന്ന കോമാളിത്തരങ്ങളിൽ കുറച്ചെങ്കിലും അവര് കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അവരെ വെച്ചു വെക്കില്ല അതുകൊണ്ട് തന്നെ പരമഹംസന്മാര് പോലും നമ്മൾ ചെയ്യുന്ന ചിലതൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കും നമ്മൾക്ക് വേണ്ടിയിട്ട് അപ്പോ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഇവിടെ പൂർണ്ണജ്ഞാനനിഷ്ഠനെ ഭഗവാൻ പറയുകയാണ് വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും എല്ലാവരിലും ഒരേ പരമാത്മാവാണ് ഉള്ളത് എന്ന് തന്നിലുള്ള വസ്തുവിനെ അറിയുന്ന ജ്ഞാനനിഷ്ഠന അറിയുന്നു ജ്ഞാനേശ്വരന്റെ കഥയുണ്ടല്ലോ എല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ എരുമവേദം ചൊല്ലുവോ എന്ന് ചോദിച്ചു അഗ്രഹാരത്തിലെ ബ്രാഹ്മണരൊക്കെ ചോദിച്ചു എരുമവേദം ചൊല്ലുവോ എല്ലാം പറയണതൊക്കെ ശരി എല്ലാം ബ്രഹ്മമാണെന്ന് വെച്ചാൽ എരുമവേദം ചൊല്ലണമെന്ന അർത്ഥമല്ല ഓരോന്നും അതിന്റെ ഉപാധിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എല്ലാത്തിലും കറണ്ടുണ്ട് ഫാനിൽ കാറ്റ് വരുന്നു ബൾബിൽ ലൈറ്റ് വരുന്നു ഫ്രിഡ്ജ് തണുപ്പിക്കുന്നു ഹീറ്റർ ചൂടാക്കുന്നു എല്ലാത്തിനും പുറകിലും ഒരേ ഇലക്ട്രിസിറ്റി ആണോ ഉള്ളതെങ്കിലും ഇതിന്റെയൊക്കെ ഉപാധിയുടെ സ്വഭാവം വേറെയാണ് അല്ലേ ഹീറ്ററിൽ ചൂടാക്കുന്നു അപ്പൊ ഇലക്ട്രിസിറ്റി ചൂടായിട്ടുള്ളതാണോ ഇലക്ട്രിസിറ്റി തണുപ്പായിട്ടുള്ളതാണോ ടേപ്പർ കോഡറിൽ ഇലക്ട്രിസിറ്റി പാട്ടുപാടുന്നു എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഭാഗവതരാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്തു പറയും ഇലക്ട്രിസിറ്റി പാട്ടുപാടുവോ ഏതേതിലിരിക്കുന്നുവോ അതാതിന് പുറകിൽ അത് പ്രചോദനം കൊടുക്കും ഇലക്ട്രിസിറ്റി തണുപ്പായിട്ട് ഇരിക്കുവോ തൊട്ടു നോക്കിയോളൂ അല്ലേ അതിന് അതിൻ്റെതായ സ്വഭാവമില്ല ഇതാണ് ഒരു സാധാരണ നിയമം അപ്പോ ഏതിനു പുറകിലുമുള്ള ചേതന അതാതിന് ചൈതന്യം കൊടുക്കുന്നു എരുമ എരുമയ്ക്ക് എരുമയുടെ ശരീരം ഉപാധിക്ക് അത് ചൈതന്യം കൊടുക്കണം ഇതാണ് ശരിക്കും ജ്ഞാനപരമായ ഉത്തരം പറയേണ്ടത് പക്ഷേ ഇവരുടെ അതാ ഇവർ അതിനു മേലെ കുറുമ്പ് പിടിച്ചവരാണ് അവരടുത്ത് അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ജ്ഞാനേശ്വരൻ എരുമയിലേക്ക് താൻ തന്നെ അങ്ങോട്ട് പ്രവേശിക്കുകയാണ് ചെയ്തത് മഹായോഗിയായ ജ്ഞാനേശ്വരൻ താൻ തന്നെ അങ്ങോട്ട് പ്രവേശിച്ച വേദം ചൊല്ലുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ എരുമയിലുള്ള അന്തര്യാമിയെ ഉണർത്തിവിട്ടു എരുമ വേദം ചൊല്ലാൻ തുടങ്ങി അപ്പൊ ഈ ബ്രാഹ്മണരും പഠിച്ചു എരുമയെ കൊണ്ടുവന്ന ആ കൂലിക്കാരനും പഠിച്ചു അദ്ദേഹം പറഞ്ഞു ഈ എരുമ എനിക്ക് വേണ്ട പാലിറക്കാനാണോ എരുമ അത് വേദം ചൊല്ലാൻ തുടങ്ങിയ ബുദ്ധിമുട്ട് എനിക്ക് വേണ്ട അപ്പൊ ഇവരൊക്കെ കൂടെ അഗ്രഹാരത്തിൽ എല്ലാവരും കൂടെ എരുമയ ഇത്തിരി വില കൊടുത്ത് വാങ്ങിച്ചു എന്നാ അവരവരുടെ വീട്ടിൽ കൊണ്ട് കെട്ടാൻ പാടില്ലേ ഓരോരുത്തരും വരണു ഈ കാര്യത്തിൽ എന്റെ വീട്ടിൽ കെട്ടിക്കൂ എന്റെ വീട്ടിൽ വേണ്ട എന്താന്ന് വെച്ചാൽ ഈ എരുമ നല്ല ഘനപാഠിയാണോ അല്ലെങ്കിൽ മന്ത്രം ചൊറത്തെ എരുമ തിരുത്തി കൊടുത്തതാണക്കാ എരുമയെ വെച്ചിട്ടുണ്ട് എപ്പോഴും വേദം ചൊൽ എരുമയ്ക്ക് സർവശാസ്ത്രവും തിരിയാതെന്ന് ആര് കണ്ട അത് ഏതാത് തിരുത്തിയിട്ടുന്നാക്കാ നമ്മ കഷ്ടമായിണം ആസ്റ്റലെ എരുമയെ ജ്ഞാനേശ്വരന്റെ കയ്യിൽ തന്നെ കൊടുത്തു ആ എരുമയും കൊണ്ടുപോയി എന്നാണ് ജ്ഞാനദേവൻ ഗീതയൊക്കെ എഴുതുമ്പോ എരുമയ്ക്ക് കാണിച്ചു കൊടുക്കും അത്ര ഈ ജ്ഞാനേശ്വരി ഗീതയൊക്കെ എരുമയും തലയാട്ടിയിട്ടുണ്ടെന്നാണ് അപ്പൊ ആ പശുവിലും ശേഷാദ്ര സ്വാമി ഇങ്ങനെ ഒരു എരുമയെ കൂട്ടിക്കൊണ്ട് നടക്കും തമിഴ്നാട് തിരുവണ്ണാമലയിലും ചിലപ്പോ ആരെങ്കിലുമൊക്കെ നല്ല ഷാളൊക്കെ സ്വാമിക്ക് കൊടുത്താൽ സ്വാമി വളരെ നേരം മെനക്കിട്ടിരുന്ന ആ ഷോളിൽ ദ്വാരം ദ്വാരമായി ഡിസൈനൊക്കെ ഇട്ട് വെട്ടി മുറിച്ച് എരുമയുടെ വാലിലൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കും എരുമയുടെ കഴുത്തിൽ മാലയായിട്ട് കെട്ടിക്കൊടുക്കും ആളുകൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എന്നിട്ട് എരുമയും പൂജിക്കും ബ്രഹ്മം എന്താണോന്ന് ഒരാൾ ചോദിച്ചുതാ മെക്കൂടുത്ത് തന്നെ ബ്രഹ്മം നമ്മൾ എരുമയെ കാണിച്ചിട്ട് പറ അത് എരുമേ സ്വാമി നീതാ എരുമേ ഉനുക്ക് എരുമെക്കനാലാ എരുമേ തരുന്നത് അത് പ്രഹ്മോ അത് നാമരൂപത്തെ പാത്ത തന്നെ എരുമേ ചേ അത് നാമരൂപം ഉനക്ക് താക്ക് അത് എരുമയ്ക്ക് നാ എരുമേ തരക്ക് ചൈതന്യം താ അത് അപ്പോ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി എരുമയാണെങ്കിലും പശുവാണെങ്കിലും എല്ലാത്തിലും ഒരേ ഭഗവാനാണോ ഉള്ളത് ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ ശാരദാമ്പാ ശാരദാദേവിക്ക് പൂജ ചെയ്യാനായിട്ട് ഒരു ദിവസം നൃസിംഹവനത്ത് നിന്ന് വന്ന് പോകുമ്പോ ശാരദാ ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു പശുമാട് പശു കടക്കാണ് അപ്പോ പൂജയ്ക്ക് കൊണ്ടുവന്ന നിവേദ്യമൊക്കെ പശുവിന് കൊടുത്ത് പൂജാ പുഷ്പമൊക്കെ പശുവിന്റെ തലയിൽ അർച്ചിച്ച് ദേവിക്ക് കൊണ്ടുവന്ന മാലയൊക്കെ പശുവിന് ചാർത്തി ശാരദാദേവിക്ക് പൂജ കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ചുപോയി അത്ര ഒരു ദിവസം ആ കാലത്താണ് അദ്ദേഹത്തിനെ ഭ്രാന്താണ് നമുക്ക് ആളുകൾ എങ്ങനെയൊക്കെ പറഞ്ഞു ചെയ്ത പിന്നെ എന്ത് പറയും വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ആനയാണെങ്കിലും എന്താണെങ്കിലും ശരി ആനയാലും ആ ഭഗവാനാണോ ഉള്ളത് ശുനിചൈവ ശബാകേച്ച ിലും ഉണ്ടായിരുന്നു ഇരിഞ്ഞാലക്കൂടെ ഗീത ചൊല്ലുമ്പോ ഉം അടുത്തൊരു ആന നിക്കുവായിരുന്നു ഈ ശ്ലോകമൊക്കെ ചൊല്ലുമ്പോ ആന തലയൊക്കെ ആട്ടി നല്ലവണ്ണം തുമ്പിക്കൈ ഒക്കെ എടുത്ത് അനുമോദിച്ചു അത് തലയാട്ടിക്കൊണ്ടേയിരിക്കും വളരെ കുറുമ്പ് പിടിച്ച ആനയാണ് അത് ഗീത ചൊല്ലുമ്പോ എന്റെ വലതു നിൽക്കും ആദ്യ അവസാനം തലയാട്ടിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് തുമ്പിക്കൈ നീട്ടും അടുത്ത വർഷം പോകുമ്പോഴേക്ക് ആനയെ കൊടുത്തു എന്താ ആന നമുക്ക് മുഖ്യ ശ്രോതാവായിരുന്നു ഗീതയ്ക്ക് ആന എന്താ കൊടുത്തെന്ന് വെച്ചാൽ ആനയ്ക്ക് സ്വഭാവം നന്നല്ല എന്ന് പറയാൻ പറഞ്ഞാൽ ആന ആന ഗീത കേട്ടിട്ട് സ്വഭാവം നന്നല്ല ആന അടുത്തു നിന്ന് ആന ശുനി ഹസ്തിനി ആനയുടെ ഉള്ളിലും ആ ഭഗവാനാണോ ഉള്ളത് അവര് പറഞ്ഞു സ്വാമി ഞങ്ങൾ ആ ആനയെ കൊണ്ടുപോവാൻ പാടുണ്ടല്ലോ ലോറിയോ ട്രക്കോ ആണെങ്കിൽ തള്ളാം ഇതിന് തള്ളാൻ പറ്റുമോ അത് അനങ്ങണല്ലേ അവിടുന്ന് അപ്പൊ പറഞ്ഞു അത് ഗീത കേൾക്കാൻ രസിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് തള്ളിയിട്ട് അവിടുന്ന് പുറപ്പെടാത്തത് ശുനി ചൈവ സ്വഭാകേച്ച പണ്ഡിതാഹാത സമദർശിന ആനയാണെങ്കിൽ ശരി നായാണെങ്കിലും ശരി നാമദേവൻ റൊട്ടി ഭക്ഷിക്കാം റൊട്ടി കഴിക്കാനെടുത്തപ്പോ ഒരു നായ റൊട്ടി കടിച്ചുകൊണ്ട് പോയിത്ര ആ നായുടെ പുറകെ ഓടി അത് പാണ്ഡുരങ്കനാണ് എന്ന് കണ്ടുകൊണ്ട് നായിനെ പിടിച്ച് ആ റൊട്ടിയിൽ നെയ്യൊക്കെ പുരട്ടിയിട്ട് നായ്ക്ക് കൊടുത്തു കഥയുണ്ട് നായിയുടെ ഉള്ളിലും ഭഗവാനാണ് ഇതൊക്കെ ദർശനമാണ് അതായത് സമഭാവം ഇതിനൊക്കെ അറ്റാച്ച്മെന്റ് വരാൻ പാടില്ല സൂക്ഷിക്കണം ഈ വിദ്യയൊക്കെ തെറ്റിദ്ധരിക്കാൻ പാടില്ല അതുകൊണ്ട് ആളുകൾ പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ നായിനെയൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റി വളർത്തുന്നത് അതിനു ഈ വിദ്യ നായിനെ നിങ്ങൾ വീട്ടിൽ കളർ കയറ്റി വളർത്തുന്നതും ഒരു തരത്തിൽ അതിന് ഹിംസയാണ് അത് സ്വതന്ത്രമായി റോഡിലിറങ്ങി നടക്കേണ്ട സാധനമാണ് അതിന് ഭക്ഷണം കൊടുക്കാം അതിനകത്തുള്ള ഭഗവാനെ അങ്ങനെയാണ് ആരാധിക്കേണ്ടത് അതിന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടിട്ട് വേണം ആരാധിക്കാൻ അല്ലാതെ ഒരു ചങ്ങലയിൽ പിടിച്ച് പൂട്ടിയിട്ടിട്ടോ കൂട്ടിനകത്ത് അല്ല നായിലും ആത്മാ ഉണ്ട് എന്ന് പറയണത് എല്ലാം അവിടെ ഇരിക്കട്ടെ ലോകത്തിലെ ജീവികളൊക്കെ നമ്മൾ അതിനൊന്നും നമ്മൾ അതിനെടുത്ത് വ്യവഹരിക്കുകയോ നമ്മൾ ഉപയോഗിക്കുകയോ ചെയ്യണില്ല എല്ലാത്തിൻ്റെ ഉള്ളിലും അന്തര്യാമ്യരൂപനായ ഭഗവാൻ ഉണ്ട് ഒന്ന് കാരണം ഒന്നിനോടും അറ്റാച്ച്മെൻറ്റ് വരാതിരിക്കാനാണ് ഈ ശാസ്ത്രം വാസ്തുവത്തിൽ ഇതിനെ നെഗറ്റീവായി ഉപയോഗിക്കാൻ പാടില്ല ബ്രാഹ്മണനാണെങ്കിലും അതെ നായാണെങ്കിലും അതെ കുരങ്ങാണെങ്കിലും അതെ പൂച്ചയാണെങ്കിലും അതെ ഒന്നിനോടും ആസക്തിയില്ല പക്ഷേ എല്ലാത്തിനും എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഒന്നും എൻ്റെ ഉള്ളിൽ പരിഭ്രമത്തിനെ ഉണ്ടാക്കണില്ല ഒരു സമദർശിത്വത്തിനെ ഇല്ലാതാക്കണില്ല ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് എല്ലാത്തിലും ഭഗവാനുണ്ട് അതുകൊണ്ട് എല്ലാത്തിനോടും പോയി ഒട്ടിപ്പിടിക്കണമെന്നാണ് അങ്ങനെയല്ല ഒന്നും എൻ്റെ ഉള്ളിലെ സമത്വത്തിനെ ചലിപ്പിക്കണില്ലെങ്കിലേ ഇതിനൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയെന്നുള്ളൂ എല്ലാത്തിനും നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും വ്യാവഹാരികമായിട്ട് നമ്മളുടെ ശരീരത്തിന് ചെയ്യണ പോലെ അതാത് ശരീരത്തിന് എന്ത് വേണോ അത് കൊടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ നമ്മളുടെ സമനില തെറ്റണില്ല ശുനി ചെയ്വ സ്വഭാകേച്ച് ചണ്ടാളനാണെങ്കിലും അതെ ആ ചണ്ടാളനും ഈ ഭഗവത് ഉണ്ട് അവനോടും വെറുപ്പില്ല ഇതിനെ നമ്മൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഇട്ടുനോക്കുക ോകത്തിൽ ഒന്നിനും പ്രത്യേകത കൊടുത്ത് നമ്മളുടെ സമദർശിത്വത്തിന് ഇല്ലാതാക്കരുത് നമുക്ക് വെറുപ്പോ ആസക്തിയോ ഉണ്ടാകുമ്പോ നമ്മൾ നമ്മളല്ലാതായിട്ട് തീരും വെറുപ്പും ആസക്തി ഉണ്ടാവാൻ കാരണം എന്താ പ്രത്യേകതകളാണ് വെറുപ്പും ആസക്തി ഉണ്ടാക്കുന്നത് എല്ലാം ഒരേ വസ്തുവാണ് അതിന് വെറുപ്പ് ആസക്തിയില്ല പ്രത്യേകതകൾ പ്രത്യേകത അദ്ദേഹം വിദ്യാവിനെ സമ്പന്നനായ ബ്രാഹ്മണനാണ് പ്രത്യേകത റെസ്പെക്ടബിലിറ്റി അധ്യാത്മ ഫീൽഡിലാണ് ഏറ്റവും അധികം ഉള്ളത് ഇതിൽ നിന്നാണ് മാനമുണ്ടാവണത് ആ ഫീൽഡില് ഞാൻ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് നല്ലവണ്ണം അറിയാം എനിക്ക് ചിലപ്പോ തോന്നും സിനിമാ ആക്ടറുകാർക്ക് പോലും ഇത്രയധികം മാനമുണ്ടാവില്ല ഈ മണ്ഡലത്തിൽ വരുമ്പോഴേക്കും ആളുകളും ഉണ്ടാക്കും അവരും ഉണ്ടാക്കും അതിനൊരു പ്രത്യേക രീതികളൊക്കെ തീർത്തിട്ട് അതിനകത്ത് ഞങ്ങൾ തന്നെ കൊടുക്കും ആ പ്രത്യേകത ഉണ്ടാവുമ്പോൾ അതിൽ നമ്മൾക്ക് ആസക്തി ഉണ്ടാവും മറ്റുള്ളവർക്കും അതിൽ പ്രത്യേകത ഉണ്ടാവും ഈ പ്രത്യേകത ഉണ്ടാവുമ്പോൾ രാഗമുണ്ടാവും ദ്വേഷം ഉണ്ടാവും നമ്മൾ ഒന്നിനോടും ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു നാമരൂപത്തിനോടും ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് മാനം ദ്വേഷം രാഗം ഒന്നും ഉണ്ടാവില്ല ലോകത്തിലെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം പ്രത്യേകത ഉണ്ടെങ്കിൽ രാഗമുണ്ടാവും അല്ലെങ്കിൽ ദ്വേഷം ഉണ്ടാവും പ്രത്യേകത ഇല്ലാതാവണമെങ്കിലോ നമ്മൾ നമ്മളുടെ സമദർശിത്വത്തിനെ നഷ്ടപ്പെടുത്താതെ ഇരിക്കണമെങ്കിൽ പ്രത്യേകതയെ അംഗീകരിക്കാതെ വ്യവഹരിക്കുക വ്യവഹാരത്തിൽ സാധാരണമായിട്ട് വ്യവഹരിക്കാം പ്രത്യേകതകളെ ഉള്ളെടുത്തു കളയാം ശാന്തമാക്കാം ഉള്ളിൽ എപ്പോഴും ആ സമദർശിത്വം സമനിലയ്ക്ക് ഭഞ്ജനം വരാത്ത വിധത്തിൽ നിർത്താം ഇതൊക്കെ തന്നെ വ്യവഹാരം പ്രധാനമാകുമ്പോൾ സാധ്യമല്ല നമുക്ക് വ്യവഹാരം പ്രധാനമാകുമ്പോൾ ഒരുപാട് അതിൽ കുഴപ്പങ്ങൾ വന്നു ചേരും അപ്പോ പണ്ഡിതാഹാ സമദർശിന എന്ന് പറഞ്ഞിട്ട് ആ സമദർശിത്വം അതായത് പുറം നമ്മൾക്ക് പുറത്തുള്ള ഒരു വസ്തുക്കളും എൻ്റെ ഉള്ളിലുള്ള സമദർശിത്വത്തിനെ ബാധിക്കണില്ലെങ്കിൽ എന്റെ ചിത്ത് പലേ നാമരൂപങ്ങളുടെ വേഷം കിട്ടണില്ലെങ്കിൽ സ്വർണം വളയായിട്ടും മാലയായിട്ടും മോതിരമായിട്ടും കിരീടമായിട്ടും കങ്കണമായിട്ടും മാറുമ്പോ സ്വർണം എന്നുള്ളത് പോയിട്ട് വള മാല മോതിരം കങ്കണം കിരീടം പേര് വരുന്ന പോലെ എന്റെ ഉള്ളിലുള്ള ചിത്ത് ഭാര്യയായിട്ടും കുട്ടികളായിട്ടും എനിക്ക് വേണ്ടപ്പെടാത്തവരായിട്ടും എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ടും എന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടും എന്റെ രാഷ്ട്രീയ പാർട്ടി അല്ലാത്തതായിട്ടും ഹിന്ദുവായിട്ടും മുസൽമാനായിട്ടും എന്റെ രാജ്യക്കാരനായിട്ടും വേറെ രാജ്യക്കാരനായിട്ടും ഒക്കെ ചിത്ത് നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കകത്ത് കാണാം ഒരേ സ്വർണം പല വേഷം പോലെ ഒരേ ചിത്ത് ചിത്തമായിട്ട് പല ഫോംസ് എടുത്തിട്ട് അതിൽ ഒന്നും സംഭവിക്കണില്ല അല്ലേ ഒരു സിനിമ കാണുമ്പോ എന്താ ഒരു മാച്ച് ക്രിക്കറ്റ് മാച്ച് കാണുമ്പോ ഇവര് ഇന്ത്യക്കാരാണ് അവര് ഓസ്ട്രേലിയക്കാരാണ് എന്നുള്ളിൽ തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് അവര് പണം വാങ്ങിക്കൊണ്ടു പോകും ചിലപ്പോ മാച്ച് ഫിക്സിംഗ് ആയിരിക്കും എന്തായാലും എന്താ ഞാനിവിടെയിരുന്ന് ഇങ്ങനെ ടെൻഷനാവുകയും അപ്പൊ ഒരു ഡോക്ടറെ അടുത്തിരുന്നു ഒക്കെ അളന്നു നോക്കുകയാണെങ്കിൽ കാരണം ബി കൂടുന്നതും കുറയണതും നേഴ്സിൽ ഉണ്ടാവുന്ന എന്താ ന്യൂറോട്ടിക് പ്രോബ്ലംസ് ഉള്ളിലുണ്ടാവുന്ന പലവിധ വികാര ഭേദങ്ങള് ഉള്ളിലുണ്ടാവുന്ന സെക്രീഷൻസ് ഒക്കെ അളന്നു നോക്കിയാൽ കാണാം ഒന്നും സംഭവിക്കണില്ല അതിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു സിനിമ നമ്മൾക്ക് എന്തിനോടെങ്കിലും ഒരു താതാത്മ്യം പ്രാപിച്ചിട്ട് സിനിമയിൽ ഒന്നുമില്ലെങ്കിൽ വെറും കള്ളമാണെങ്കിലും അതിൽ ടെൻഷൻ ഉണ്ടാവുകയും ഡിപ്രഷൻ ഉണ്ടാവുകയും സസ്പെൻസ് ഉണ്ടാവുകയും പേടിക്കുകയും ഒക്കെ ചെയ്തിട്ട് അത് സത്യമല്ലെങ്കിൽ അതുകൊണ്ടാണ് ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ലോകം മിഥ്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മിഥ്യയാണെങ്കിലും മിഥ്യയാണെന്ന് നമുക്ക് നല്ലവണ്ണം അറിയുന്ന സിനിമയിൽ പോലും നമ്മൾ ഒന്നിനോട് ആസക്തമായിട്ട് നമ്മളുടെ ഉള്ളിൽ കാമവും ക്രോധവും ലോഭവും ദ്വേഷവും അതും ആത്സരി ഒക്കെ ഉണ്ടാവുന്നുണ്ട് കള്ളമാണെന്ന് അല്ലേ അപ്പൊ ഒന്ന് മിഥ്യയാണെന്ന് പറഞ്ഞത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പൊ ആഗ്രഹ നിവൃത്തിയാണ് പ്രധാനം നമ്മളുടെ ഉള്ളിലുള്ള ചിത്ത് നമ്മൾ തന്നെ കാണണം നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ കേവലമായ എക്സിസ്റ്റൻസിൽ ഉദിക്കുന്ന മനസ്സ് പല വ്യക്തികളുടെ വേഷം കിട്ടി ഇഷ്ടവുമായി അനിഷ്ടമായി വെറുപ്പായി അതായി പലതുമായി മാറിക്കൊണ്ട് നമ്മളുടെ സമദർശിത്വത്തിനെ ഭഞ്ചിക്കുന്നത് നമുക്ക് തന്നെ കാണാം ആശ്ചര്യം അതാണ് സിനിമയൊക്കെ നല്ല ഉദാഹരണമാണ് ടി എല്ലാം ആളുകൾ ഇങ്ങനെ ഒന്നും സംഭവിക്കാതെ ഷെയർ മാർക്കറ്റ് ഹോൾഡേഴ്സൊക്കെ ബഹു തമാശക്കാരാണ് അവർ ഈ ടി വിയിൽ ഷെയർ മോളിൽ പോകുമ്പോൾ അവർ മേലെ പോവും ചോട്ടൽ വരുമ്പോ ചോട്ടൽ വരും മോളിൽ പോവും ചോട്ടൽ വരും ഒരു കാര്യമില്ല കയ്യിൽ ഒരു അരക്കാശ് കയ്യിലൊന്നും തൊടുന്നില്ലെങ്കിൽ പോലും ഭാവനാമണ്ഡലത്തിൽ പണക്കാരാവുകയും ദരിദ്രരാവുകയും പൊളിഞ്ഞു പാളീസാവുകയും കോടീശ്വരന്മാരാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് എത്ര ഡിപ്രഷൻസൊക്കെ ഉണ്ടാവണം നോക്കൂ ഇങ്ങനെ ഒന്നും പുറമെ നടക്കുന്ന ഒന്നും തന്നെ എന്റെ അകമയുള്ള ചിത്തിനെ സ്പർശിക്കാതെ ചിത്ത് ചിത്തമായിട്ട് മാറാതെ വ്യക്തികളുടെ രൂപം കൊണ്ട് നിൽക്കാതെ എല്ലാത്തിനു പുറകിലും ഉള്ള സ്വർണ്ണമൊന്നാണെന്നും വളാമാലാ മോതിരമൊക്കെ സ്വർണമാണെന്ന് അറിയുന്നവൻ കനകൈകദർശിയാവുന്ന പോലെ അകമയുള്ള ചിത്തിൽ ഉണ്ടാവുന്ന നാമരൂപങ്ങൾക്കൊക്കെ പുറകില് ചിത്താണെന്ന് അറിയുന്നവൻ ആ ചിത്തിൽ പ്രതിഷ്ഠിതനായി കഴിഞ്ഞാൽ അയാളെ പുറമേയുള്ള നെയിംസ് ആൻഡ് ഫോംസ് നാമരൂപങ്ങൾ അകമേ രാഗദ്വേഷം ഉണ്ടാക്കാതെ അയാളെ യോഗസ്ഥിതിയിൽ ഇരുത്തുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ സൃഷ്ടിയെ ജയിച്ചവനാണ് എന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു അടുത്ത ശ്ലോകം നോക്കൂ ഇഹൈവതർജിത സർഗാം സാമ്യേ മനഃ നിർദോഷം ഹി സമം ബ്രഹ്മാസ്മാണിതേ സ്ഥിത അവർ ബ്രഹ്മത്തിൽ സ്ഥിതരാണ് ബ്രഹ്മമെന്ന് വെച്ചാൽ എന്താ നിർദോഷം സമം ഗുണദോഷങ്ങൾ ഉണ്ടാവാത്തതും സമമായിട്ടുള്ളതുമായ ആന്തരിക സ്ഥിതിക്കാണ് ബ്രഹ്മം എന്ന് പറഞ്ഞത് അവിടെ ദോഷം എന്ന് പറഞ്ഞാൽ ദോഷമല്ല ഗുണവും ദോഷവും ഗുണദോഷ ദൃശിർ ദോഷ ഗുണസ്തു ഉഭയവർജിത എന്ന് ഭാഗവതം ഒന്നിനോട് ഗുണമുണ്ടെങ്കിൽ ആസക്തി ഉണ്ടാവും ദോഷദൃശി ഉണ്ടെങ്കിൽ വെറുപ്പുണ്ടാവും ഈ രണ്ട് മൂവ്മെൻറ്റുമില്ലായ്മ ആണ് ഗുണം സമം എന്ന് വെച്ചാൽ ശാന്തി നിശ്ചലത അതിനെ അവരെങ്ങനെ കാണുന്നു ഈഹൈവ് എന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഇപ്പൊ തന്നെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ സർഗഹാജിത അവരാൽ സൃഷ്ടി ജയിക്കപ്പെട്ടിരിക്കുന്നു അവർക്ക് ഇനിമേലാൽ പുനരാവൃത്തിയില്ല ചലനമില്ല അപുനരാവൃത്തിയും ജ്ഞാനനിർദ്ധൂത കൽമാഹ എന്ന് പറഞ്ഞു അവര് വർത്തതേ എന്ന് ശ്രുതി പറയുന്ന ആ ശ്രുതിവാക്യത്തിനനുസരിച്ച് അവർക്ക് ഇനിയും ഒരു തിരിച്ചു വരവല്ല അവരിവിടെ തന്നെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ ജീവിക്കുമ്പോ തന്നെ സർഗത്തിനെ ജയിച്ചവരാണ് ഇഹൈവ തൈഹി ജിത സർഗ ആര് യഷാം മന ആരുടെ മനസ്സ് സാമ്യത്തിൽ സ്ഥിതമാണോ അവർ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാ ബ്രഹ്മണിത്തെ സ്ഥിത ഗീതയില് വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ കർത്തൃത്വം കർമാണി തൊട്ട് തുടങ്ങി ഈ ശ്ലോകങ്ങളൊക്കെ തന്നെ വളരെയധികം മനനം ചെയ്യേണ്ട ശ്ലോകങ്ങളാണ് അതിൽ ഇത് ലക്ഷ്യമാണ് ഇശൈവതൈർജ്യത സർഗ എന്നുള്ളത് അതായത് നമുക്ക് മുമ്പിൽ എന്തൊക്കെ നടന്നാലും നമ്മൾക്ക് നടക്കുന്നില്ലെന്നിരിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളെ ഒരാളെ ചീത്ത് വിളിക്കുകയും മറ്റ് പലതും ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇല്ല ഉണർന്നിരിക്കുന്നാലാണ് അറിയണത് അതെങ്ങനെ അറിഞ്ഞു മനസ്സ് രജിസ്റ്റർ ചെയ്യണു നമ്മളുടെ അറിവ് അതിൽ പ്രവർത്തിക്കുന്നു ആ വാക്കുകളെയൊക്കെ നമ്മൾ എടുത്ത് അർത്ഥം കൽപ്പിക്കുന്നു അർത്ഥം കൽപ്പിക്കുന്നതോടൊപ്പം എന്നെയാണെന്ന് പറയണത് എന്നുള്ള അഭിമാനം ഉണ്ടാവണോ ഈ ചലനങ്ങളൊന്നുമില്ലെങ്കിൽ നിശ്ചലമാണെങ്കിൽ അവൻ സർഗത്തിനെ ജയിച്ചിരിക്കുന്നു അവന് ഇനിമേലാൽ വാസനകളുള്ളിൽ ഉണ്ടാവില്ല സംസ്കാരങ്ങളുള്ളിൽ ഉണ്ടാവില്ല ചലനം ഉണ്ടാവില്ല ന പശ്യതാം സത് ചലനം കഥാപി സത്തിനെ കണ്ടവൻ ചലിക്കില്ല സത്തിനെ കാണാത്തവൻ ചലിക്കും ആ ഇവിടെ തന്നെ ഇപ്പൊ തന്നെ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ സർഗത്തിനെ ജയിച്ചവനെന്ന് ഭഗവാൻ പറഞ്ഞത് അവൻ അജ്ഞാനം നീങ്ങിയവനാണോ ആവരണം ഒഴിഞ്ഞവനാണോ ആവരണം ഒഴിഞ്ഞവന് പകൽ വെളിച്ചം പോലെ സത്ത് നിത്യനിരന്തരം അപരോക്ഷമായി പ്രകാശിക്കണം ആവരണമുള്ളത്തോളം കാലം അത് ഉണ്ടെങ്കിലും ആവരണം ഒഴിഞ്ഞവന് നിത്യനിരന്തരമായ സദനുഭവമാണ് അത് തന്നെ ചിത്ത് ആനന്ദം അത് പ്രിയം അതിനെ ഭരിക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത് സർവധർമാൻ പരിതജ്യ ശരണം പ്രച അതിനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒന്നും വിട്ട് അങ്ങനെ ഉള്ളതൊക്കെ വിട്ടുകളഞ്ഞിട്ട് അതിലിരിക്കൂ അതുമിതുമല്ല അസതർത്ഥമല്ല അഹം സച്ഛിതമൃതമെന്നു തെളിഞ്ഞ് ധീരനായി സദസതി പ്രതിപത്തിയറ്റ് സത്വമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം അതുമിതുമായിട്ട് ഇനി ഹം മനുഷ്യോ നൈവയക്ഷൗ നാഹ്മണ ക്ഷത്രി ഐശ്യശൂദ്രാഹന ബ്രഹ്മചാരീ ന ഗ്രഹീവനസ്തു ഭിക്ഷുർണാഹം നിജബോധരൂപ എന്ന തത്വദർശനം ചിത്വദർശനം തത്വദർശനം ഭഗവാന്റെ വാക്കതാണ് ചിത്വദർശനമാണ് തത്വദർശനം താനേ താനേ തത്വം താനാണ് തന്റെ സ്വരൂപമാണ് തത്വം അതിനെ ചിത്ത് ചിത്തിനെ കാണുന്നതാണ് തത്വദർശനം ത്വം ആണ് തത്വം ചിത്തായിട്ടിരിക്കലാണ് തത്വദർശനം എന്ന് പറയുന്നത് അല്ലാതെ എന്തെങ്കിലും അറിയലല്ല അങ്ങനെ താൻ തന്നെ കണ്ടെത്തി തന്നിലിരിക്കുന്ന ആ ക്ലാരിഫൈഡ് വിഷൻ അതാണ് ഒരു വിമുക്തനാക്കുന്നത് സുഖം ബന്ധാത് പ്രമുച്ഛ്യത് നാളെ കാണാം സത്യം ജ്ഞാനമനന്തം ശം പരമാകാം ഗോഷണരിണലോലയാസം പരമായാസം മായാക്കൽ മനാരം ഭുവനം ശ്വാമാനം പ്രണമത ോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം സ്നവ്യാകുലയോ വസ്ത്രമുദാഗമുൂഢം വ്യതി സന്ത ദ്യുപദുകർഷ നിർൂദദ്വയശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്ത സത്ര ശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദ ോവിന്ദം പരമാനന്ദം കാണ കാരണമാതിമി കാഭാസം കാളിന്ദീഗതാളിയശിരസി സുനൃത്യം മുഹുരത്യന്തം കാളം കാതീതം കലിതാശേഷം കലിദോഷഘ്നം യഗതിഹേതു പ്രണമതോവിം ഗോവിന്ദം ഭജോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം യോ മമാത്മാവസി ത്വമ തോന്നാച്യം മമചി അതി യഥാഷ്ടം കൂരുമാം തഥൈ ത് ആത്മനം രമണം ഭജവിന്ദനസങ്കീർത്തനം ജാനകീകാത്തര നമു പാർവതീപതയേ ഹരഹര മഹാദേവ